മൂന്ന് കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധമറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത് ഫെലിസ്തീനുടെ അഞ്ച് പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീതോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലബാനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ മോശമുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെക്കൊണ്ട് ഇസ്രയേലിനെ പരീക്ഷിച്ചറിയുവാൻ ആയിരുന്നു ഇവരെ വച്ചിരുന്നത് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ഗ്രഹങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു അവനവരെ മെസോപ്പത്തോമിയയിലെ ഒരു രാജാവായ വിറ്റുകളഞ്ഞു ഇസ്രയേൽ മക്കൾ കൂശൻ റിഷാഥൈമിനെ എട്ട് സംവത്സരം സേവിച്ചു എന്നാൽ ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രയേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു അവനവരെ രക്ഷിച്ചു അവന്റെ യഹോവയുടെ ആത്മാവ് വന്നു അവൻ ഇസ്രയേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ യഹോവ മെസ്സോപ്പൊത്തോമിയയിലെ രാജാവായ ഹൂശൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ ഹൂശൻ ജയിച്ചു ദേശത്തിന് സംവത്സരം സ്വസ്ഥത ഉണ്ടായി കെനസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുക യഹോവ മോവാബ് രാജാവായ യഗ്ലോനെ ഇസ്രയേലിനെ വിരോധമായി ബലപ്പെടുത്തി അവൻ അമോന്യരെയും അമാലേഖരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രയേലിനെ തോൽപ്പിച്ചു അവർ ഈന്തപട്ടണവും കൈവശമാക്കി അങ്ങനെ ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ യഗ്ളോനെ പതിനെട്ട് സംവത്സരം സേവിച്ചു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീനായ ഗേരയുടെ മകനായി ഇടം കയ്യനായ യഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു അവന്റെ കൈവശം ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ യഗ്ളോന് കാഴ്ച കൊടുത്തയച്ചു എന്നാൽ യഹൂദ് ഇരുവായ്ത്തലയും ഒരു മുഴം നീളവുമുള്ള ഒരു ചുരിക ഉണ്ടാക്കി അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടക്ക കെട്ടി അവൻ മോവാബ് രാജാവായ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുചെന്നു യഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവൻ ആയിരുന്നു കാഴ്ച വെച്ചുകഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ടുവന്നവരെ അവൻ അയച്ചുകളഞ്ഞു എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്നു രാജാവേ എനിക്കൊരു സ്വകാര്യമുണ്ട് എന്ന് പറഞ്ഞു ക്ഷമിക്ക എന്നവൻ പറഞ്ഞു ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ട് പുറത്തുപോയി യഹൂദ് അടുത്തു എന്നാൽ അവൻ തന്റെ ഗ്രീഷ്മഗ്രഹത്തിൽ തനിച്ച് ഇരിക്കയായിരുന്നു എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് റിയിപ്പാനുണ്ട് എന്ന് യഹൂദ് പറഞ്ഞു ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നാറേ യഹൂദ് ഇടംകൈനീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി അലകോടുകൂടെ പിടിയും അകത്തുചെന്നു അവന്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കായികയാൽ മേതസ് ൊതിഞ്ഞടഞ്ഞു അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു പിന്നെ യഹൂദ് പൂമുഖത്ത് ഇറങ്ങി പുറകെ വാതിൽ അടച്ചുപൂട്ടി അവൻ പുറത്ത് ഇറങ്ങിപ്പോയ ശേഷം യഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു അവർ നോക്കി മാളികയുടെ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗ്രഹത്തിൽ വിസർജനത്തിന് ഇരിക്കെയായിരിക്കും എന്ന് അവർ പറഞ്ഞു അവർ കാത്തിരുന്ന് വിഷമിച്ചു അവൻ മുറയുടെ വാതിൽ തുറക്കായിക കൊണ്ട് അവർ താക്കോലെടുത്ത് തുറന്നു തമ്പുരാൻ നിലത്ത് മരിച്ചുകിടക്കുന്നത് കണ്ടു എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ യഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സേരയിൽ ചെന്നു അവിടെ എത്തിയ ശേഷം അവൻ എഫ്രൈം പർവ്വതത്തിൽ കാഹളമൂതി ഇസ്രയേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അവനവർക്ക് നായകനായി അവനവരോട് എന്റെ പിന്നാലെ വരുവീൻ ശത്രുക്കളായ മോവാബിരെ യഹോവാ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നു മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല അവർ ആ സമയം മോവാബിരിൽ ഏകദേശം പതിനായിരം പേരെ വെട്ടിക്കളഞ്ഞു അവരെല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരും ആയിരുന്നു ഒരുത്തനും ചാടിപ്പോയില്ല അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രയേലിന് കീഴടങ്ങി ദേശത്തിന് എൺപത് സംവത്സരം സ്വസ്ഥതയുണ്ടാകുകയും ചെയ്തു അവന്റെ ശേഷം അനാത്തിന്റെ മകനായ ശങ്കർ എഴുന്നേറ്റു അവൻ ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്തീനിൽ അറുനൂറ് പേരെ കൊന്നു അവനും ഇസ്രയേലിനെ രക്ഷിച്ചു